പരമാത്മനെ നമഹ യഥാർത്ഥ ഗീത ശ്രീമദ്ഭഗവത്ഗീത അധ പഞ്ചദശോധ്യായ പതിനഞ്ചാം അധ്യായം മഹാപുരുഷന്മാർ സംസാര ജീവിതത്തെ വിവിധ ദൃഷ്ടാന്തങ്ങളിലൂടെ മനസ്സിലാക്കിത്തരാൻ ശ്രമിച്ചിട്ടുണ്ട് ചിലർ ഇതിനെ ഒരു കൊടും കാടായിട്ടാണ് കരുതിയതെങ്കിൽ മറ്റു ചിലർ ഒരു മഹാസാഗരമായി കരുതി അവസ്ഥാഭേദമനുസരിച്ച് ഇതിനെ നദിയായും കിണറായുമൊക്കെ കരുതിയവരുണ്ട് എന്നാൽ വേറെ ചിലർ സംസാരത്തിന് ഒരു ഗോഷ്പദത്തിന്റെ സ്ഥാനമേ നൽകിയുള്ളൂ ഗോഷ്പദം എന്നാൽ പശുവിന്റെ കുളമ്പടി പതിഞ്ഞ സ്ഥലത്തുള്ള വെള്ളം എന്നും ഇന്ദ്രിയങ്ങളുടെ ആലയമെന്നും രണ്ടർത്ഥമുണ്ട് ഒടുവിൽ സംസാരസാഗരം മുഴുവൻ വറ്റിപ്പോകുന്ന കാലവും വന്നു എന്ത് ലോകജീവിതം അലകടൽ പോലെയാണെന്നോ അതെ യോഗേശ്വരനായ ശ്രീകൃഷ്ണനും സംസാരത്തെ സമുദ്രമായി കരുതിയിരുന്നു പന്ത്രണ്ടാം അധ്യായത്തിൽ തന്റെ അനന്യഭക്തന്മാരെ സംസാര സമുദ്രത്തിൽ നിന്നുദ്ധരിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ സംസാരത്തെ ഒരു വൃക്ഷമായി കരുതുന്നു അതിനെ വെട്ടിമുറിച്ച് മുനിമാർ പരമപദം തേടുന്നു നോക്കുക ശ്രീ ഭഗവാൻ ഉവാച്ച അശ്വത്ഥം ഛന്ദി വേദസ വേദവി അർജുന ഉയരെയുള്ള പരമാത്മാവായ വേരോടുകൂടിയതും താഴെയുള്ള പ്രകൃതിയാകുന്ന ശാഖകളോടുകൂടിയതുമായ സംസാരമാകുന്ന അരയാൽ മരം അവിനാശിയാണെന്ന് ചിലർ പറയുന്നു ആ പ്ലസ് ശ്വാ പ്ലസ് ധ അതായത് അശ്വാശു തത്വം നാളെ നിലനിൽക്കുമെന്ന് ഉറപ്പില്ലാത്തത് എന്നർത്ഥം ആർക്കെങ്കിലും വെട്ടിവീഴ്ത്താവുന്നത് എങ്കിലും അവിനാശി എന്ന് കരുതപ്പെടുന്നത് ശ്രീകൃഷ്ണന്റെ അഭിപ്രായത്തിൽ സംസാരവൃക്ഷവും അത് നട്ടുവളർത്തിയ പരമാത്മാവും അവിനാശികളാണ് വേദങ്ങൾ ഈ അവിനാശിയായ വൃക്ഷത്തിന്റെ ഇലകളാണ് ഇതിനെ ശരിക്കും അറിയുന്നവരാണ് വേദജ്ഞന്മാർ ഈ സംസാരവൃക്ഷത്തെപ്പറ്റി പൂർണമായി അറിയുന്നതാരോ അവർ വേദത്തെയും അറിയുന്നു വേദങ്ങളെ വായിച്ചു പഠിച്ചതുകൊണ്ട് മാത്രം വേദത്തെ അറിയാൻ സാധിക്കുന്നതല്ല വേദ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി അനുഭവത്തിൽ അറിയണം വേദത്തെ ആ വൃക്ഷത്തിന്റെ ഇലകളായി ഉദാഹരിക്കുന്നതിൻ്റെ കാരണം എന്ത് ഓരോ ജീവാത്മാവും എണ്ണമറ്റ പിറവികളിൽ കൂടി അലഞ്ഞ് അവസാന പിറവിയിൽ എത്തുന്നു ഈ സമയത്തിൽ വെറും പ്രേരണ ചെയ്യുന്നു തന്റെ ഉദ്ഭവസ്ഥാനത്തെ നോക്കി അത് തടിവഴി മേൽപോട്ടു പോകാൻ അങ്ങനെ തന്റെ മൂലപഥത്തിൽ ചെന്ന് ചേരുന്നു അതായത് മുക്തി പ്രാപിക്കുന്നു ഇതോടെ ജന്മങ്ങളും തീർന്നു ഗുണപ്രവൃദ്ധാ വിഷയപ്രവാള അധശ്ചൂസന്തർബന്ധീനി മനുഷ്യലോകേ ആ സംസാരവൃക്ഷത്തിന്റെ ത്രിഗുണങ്ങൾ വിടർത്തിയ വിഷയങ്ങളാകുന്ന ഇലകളോടുകൂടിയ കൊമ്പുകൾ താഴെയും മുകളിലുമെല്ലാം പടർന്ന് പന്തലിച്ചു കിടക്കുന്നു താഴെ കൃമികീടങ്ങൾ മുതൽ മുകളിൽ ദേവന്മാരും ബ്രഹ്മാവും വരെ വ്യാപിച്ചു കിടക്കുകയാണ് ഇതിൽ മനുഷ്യൻ മാത്രം നല്ലതോ ചീത്തയോ ആയ തന്റെ കർമ്മങ്ങൾക്കനുസരണം തയ്യാറാകുന്ന സുഖദുഃഖാദി ബന്ധനങ്ങളിൽ അകപ്പെടുന്നു പക്ഷിമൃഗാദി അധമയോനി ജന്മങ്ങൾക്ക് കേവലം ഭോഗാനുഭവം മാത്രം അതായത് മോക്ഷപ്രാപ്തിക്കാകാത്തത് എന്നർത്ഥം നൂപമസേഹതഥോപലഭ്യത്തെ സംതിഷ്ഠ അശ്വത്ഥമേനം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ ഈ സംസാരവൃക്ഷത്തിന്റെ രൂപം ആർക്കും കാണാനാവില്ല ഇതിന് ആദിയും അന്തവും സ്ഥിരമായ നിലനിൽപ്പും എന്തെന്നാൽ പരിവർത്തനശീലമാണല്ലോ ഈ സംസാരം ഉറപ്പുള്ള വേരുകളോടുകൂടിയ ഈ സംസാരവൃക്ഷത്തെ നിസംഗത അഥവാ വിരക്തിയാകുന്ന മഴുകൊണ്ട് മുറിച്ചിട്ട് സംസാരമാകുന്ന വൃക്ഷത്തിന്റെ മൂലത്തിൽ ബീജരൂപത്തിൽ പരമാത്മാവ് സ്ഥിതി ചെയ്യുന്നുണ്ട് ആ വൃക്ഷം മുറിച്ചിട്ട് എന്ത് ചെയ്യണമെന്നോ തരിമാർ യവർത്ത ഭൂയ തമേച്ചാദ്യരുഷ പ്രവൃത്തി പ്രസാത പുരാണി ദൃഢമായ വൈരാഗ്യ ശാസ്ത്രം കൊണ്ട് സംസാരവൃക്ഷത്തെ മുറിച്ച ശേഷം പരമാത്മാവിന്റെ പരമപദം അന്വേഷിക്കണം അവിടെ എത്തിയാൽ പിന്നെ സംസാരദുരിതത്തിലേക്ക് മടങ്ങി വരേണ്ടതായിട്ടില്ല പൂർണ്ണ നിവൃത്തി ഉണ്ടാകുമെന്നർത്ഥം പക്ഷേ അതെങ്ങനെ സാധിക്കും അതിനുവേണ്ടി സമർപ്പണ മനോഭാവം ആവശ്യമാണെന്ന് യോഗേശ്വരൻ പറയുന്നുണ്ട് ആരിൽ നിന്നാണോ ഈ സംസാരവൃക്ഷത്തിന്റെ വളർച്ചയുണ്ടായത് ആ പരമാത്മാവിനെ പ്രാപിക്കുന്നതല്ലാതെ ഈ വൃക്ഷത്തെ മുറിച്ചിടാൻ എളുപ്പമായ മാർഗം വേറെയില്ല ശരണം പ്രാപിച്ചയാൾ സംസാരവൃക്ഷം ഛേദിക്കപ്പെട്ടു എന്നെങ്ങനെ മനസ്സിലാക്കും നിർമാണമോഹാജിതസംഗദോഷ അധ്യാത്മനിത്യാവിനിവൃത്താമ ഇങ്ങനെ മേൽച്ചൊന്ന തരത്തിലുള്ള സമർപ്പണത്തിലൂടെ മോഹവും അഭിമാനവും നഷ്ടമാവുകയും ആസക്തിക്കാധാരമായ സംഘദോഷം പരിഹരിക്കുകയും പരമാത്മരൂപത്തിൽ മനസ്സുറപ്പിക്കുകയും കാമനകളെ പരിത്യജിക്കുകയും സുഖദുഃഖാത്മകമായ ദന്ദ്ങ്ങളിൽ നിന്ന് മോചനം നേടുകയും ചെയ്ത ജ്ഞാനികൾ പരമപദം പ്രാപിക്കുന്നു ഈ അവസ്ഥയിലെത്തുന്നതുവരെ സംസാരവൃക്ഷം വിച്ഛേദിക്കപ്പെടുന്നില്ല അതിന് നിശ്ചിതമായ വൈരാഗ്യം ആവശ്യമാണ് ആ പരമപദത്തിൻ്റെ സ്വരൂപമെന്താണ് തദ്സയത്തെ സൂര്യോ നശാങ്കോ നാവകർത്തരമം മമ ആ പരമപദത്തെ സൂര്യനോ ചന്ദ്രനോ അഗ്നിയോ പ്രകാശിപ്പിക്കുന്നില്ല അത് സ്വയം പ്രകാശമാണ് ആ പരമധാമത്തിലെത്തിയാൽ പിന്നെ സംസാരത്തിലേക്ക് അഥവാ പുനർജന്മത്തിലേക്ക് മടങ്ങി വരേണ്ടതായിട്ടില്ല അവിടെ എത്താൻ എല്ലാവർക്കും അവകാശമുണ്ട് ജീവഭൂത്തീന്ദ്രിയ ജീവന്റെ ലോകമായ ഈ ശരീരത്തിലുള്ള ജീവാത്മാവ് എന്റെ അംശമാണ് ത്രിഗുണമയമായ മായയിൽ സ്ഥിതി ചെയ്യുന്ന ആ ജീവാത്മാവ് മനസ്സിനെയും പഞ്ചേന്ദ്രിയങ്ങളെയും ആകർഷിക്കുന്നു അതെങ്ങിനെ ശരീരം യോത്തിയുത്ാമതീശ്വര ഗൃഹീത്വത വായുർഗന്ധാ വായുപൂമണം കവർന്ന് ൂരത്തേക്ക് പോകുന്നതുപോലെ ദേഹത്തിൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന ജീവാത്മാവ് ആ ശരീരം നിശ്ചലമാകുമ്പോൾ അതിൽ നിന്ന് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും കവർന്നെടുത്തുകൊണ്ട് പുനർജന്മവേളയിൽ പുതിയ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു വർണ്ണസങ്കരം കൊണ്ട് പിണ്ടോദകക്രിയകൾക്ക് തടസ്സമാകുമെന്ന് മുൻപ് അർജുനൻ പറഞ്ഞതിനെ പരിഹസിക്കുകയാണിവിടെ പുതിയ ശരീരത്തിലെത്തി ജീവാത്മാവ് എന്താണ് ചെയ്യുന്നത് ശ്രോത്രം ചക്ഷുസ്പർശനം ചസനം ഘ്രാണമേവ അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവത്തെ പുതിയ ശരീരത്തിൽ സ്ഥാനമുറപ്പിച്ച ജീവാത്മാവ് ചെവി കണ്ണ് ത്വക്ക് നാക്ക് മൂക്ക് മനസ്സ് എന്നിവയെ പ്രവർത്തനക്ഷമമാക്കി അവയുടെ സഹായത്തോടെ വിഷയങ്ങൾ അനുഭവിക്കുന്നു എന്നാൽ ആ ജീവാത്മാവിനെ ആരും കാണുന്നില്ലല്ലോ ശ്രീകൃഷ്ണൻ അതിനെപ്പറ്റി പറയുന്നു ം സ്ഥിതം ഗുഞ്ജാനം ഗുണാൻവിതം വിമൂഢാശ്യശ്യ ചുഷ പഴയ ശരീരം ഉപേക്ഷിച്ച് പുതിയ ശരീരത്തിൽ സ്ഥിതി ചെയ്ത് വിഷയങ്ങൾ അനുഭവിച്ച് ത്രിഗുണങ്ങളോട് ചേർന്ന് കഴിയുന്ന ജീവാത്മാവിനെ മൂഢന്മാരായ അജ്ഞാനികൾ കാണുന്നില്ല ജ്ഞാന ചക്ഷുസുകൊണ്ട് വിദ്വാൻമാർ അറിയുകയും ചെയ്യുന്നു ആ ജ്ഞാനദൃഷ്ടി ലഭിക്കുന്നതെങ്ങനെയാണെന്ന് ഇവിടെ വിശദീകരിക്കുന്നു യോ യോഗിശ്ചൈനം പശ്യാത്മന്യവസ്ഥം യോപ്യകൃതമാനോ നൈനം പശ്യചേതസ യോഗികൾ ചിത്തത്തെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് ആത്മാവിനെ വളരെ പ്രയാസപ്പെട്ട് കാണുന്നു എന്നാൽ മലിനമായ അന്തഃക്കരണമുള്ള അജ്ഞാനികൾ യത്നം ചെയ്താലും ആത്മാവിനെ അറിയുന്നില്ല എന്തെന്നാൽ അവരുടെ മനസ്സ് എപ്പോഴും ബാഹ്യവിഷയങ്ങളിൽ മേഞ്ഞു നടക്കുകയാണ് അതിനാൽ അന്ധക്കരണത്തെ ഏകാഗ്രവും പരിശുദ്ധവുമാക്കി വേണം ആത്മാന്വേഷണം നടത്തഗതം തേജോ ജഗദ്ഭാസയേം ചന്ദ്രമസി യാഗ്നോ മകം സൂര്യനിൽ സ്ഥിതി ചെയ്ത് ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നതും ചന്ദ്രനിലും അഗ്നിയിലും സ്ഥിതി ചെയ്ത് വെളിച്ചം പ്രസരിപ്പിക്കുന്നതുമായ തേജസ് മുഴുവൻ എന്റെ തേജസ് തന്നെയെന്ന് നീ അറിയുക യാമ്യോജസ ഉഷാമി ചൌഷധീർ സോമോ ഭൂത്മക ഭൂമിയിൽ വന്ന് സ്വന്തം ശക്തി കൊണ്ട് സകലചരാചരങ്ങളെയും ഞാൻ വഹിക്കുന്നു ചന്ദ്രനിൽ രസാമൃതമായി തീർന്ന് ഞാൻ എല്ലാ ഔഷധച്ചെടികളെയും വളർത്തുന്നു അഹം വൈശ്വാനരോ ഭൂണി ദേഹമാശ്രിത പ്രാണസമായുക്ത വചാമ്യന്നം ചതുർവിധം ഞാൻ തന്നെയാണ് സകല ജീവികളുടെയും ശരീരത്തിൽ അഗ്നിയായി പ്രവേശിച്ച് പ്രാണാപാനങ്ങളോട് ചേർന്ന് നാല് തരത്തിലുള്ള അന്നത്തെ ദഹിപ്പിക്കുന്നത് നാലാം അധ്യായത്തിൽ ശ്രീകൃഷ്ണൻ ഇന്ദ്രിയാഗ്നി സംയമാഗ്നി യോഗാഗ്നി പ്രാണപാനാഗ്നി ്രഹ്മാഗ്നി തുടങ്ങി ജ്ഞാനാഗ്നി വരെയുള്ള കുറേ അഗ്നികളെപ്പറ്റി പ്രസ്താവിക്കുന്നു എല്ലാറ്റിൻ്റെയും പരിണാമമാണ് ജ്ഞാനം അത് അഗ്നിയാകുന്നു ശ്രീകൃഷ്ണൻ പറയുന്നു ഇങ്ങനെയുള്ള അഗ്നിയുടെ രൂപം ധരിച്ച് പ്രാണനോടും അപാനനോടും ചേർന്ന് വൈഖരി മധ്യമ പശ്യന്തി പര എന്നീ നാല് നിയമങ്ങളനുസരിച്ച് ബ്രഹ്മം എന്ന അന്നത്തെ തയ്യാറാക്കുന്നു അതായത് ശ്വാസോഛ്വാസങ്ങളിൽ കൂടിയാകുന്നു ജപം നടക്കുന്നത് ഈ പറഞ്ഞത് ജപത്തിന്റെ നാല് വിധിമുറകളാകുന്നു ശ്രീകൃഷ്ണന്റെ അഭിപ്രായത്തിൽ ്രഹ്മം മാത്രമാണ് അന്നം അതുകൊണ്ട് ആത്മാവ് തൃപ്തനാകുന്നു ശരീരത്തെ പോഷിപ്പിക്കുന്ന അന്നത്തിന് യോഗേശ്വരൻ ആഹാരമെന്ന പേരാണ് നൽകിയിരിക്കുന്നത് യുക്താഹാര വിഹാരസ്യ എന്ന പ്രയോഗം ഉദാഹരണം വൈഖരി തുടങ്ങിയ നാല് വിധികളിലൂടെയാണ് പരമാത്മാവെന്ന അന്നം പരിപക്വമാവുന്നത് ഈ നാല് വിധികൾക്ക് മഹാപുരുഷന്മാർ നാമം രൂപം ലീല ധാമം എന്ന നാല് പേരുകൾ നൽകിയിരിക്കുന്നു ആദ്യം നാമജപം തുടങ്ങുന്നു ക്രമേണ ഹൃദയത്തിൽ ആത്മസ്വരൂപം തെളിഞ്ഞുവരുന്നു അതിനുശേഷം ലീലകളെപ്പറ്റി വ്യക്തമാവും ഹൃദയദേശത്തിൽ ആ ക്രിയാകലാപങ്ങളുടെ ദർശനം തന്നെ ലീല ആ ഈശ്വരീയ ലീലകളുടെ പ്രത്യക്ഷാനുഭൂതിക്ക് ശേഷം ഭഗവത് സ്പർശനം ലഭിക്കുമ്പോൾ ധാമത്തിന്റെ അഥവാ പരമപദത്തിന്റെ പ്രാപ്തി ഉണ്ടാകുന്നു ആ പരമപഥത്തിൽ പ്രതിഷ്ഠിതനാവുക എന്നതും പരാവാണിയുടെ പരിപക്വാസ്ഥയിൽ പരബ്രഹ്മത്തിൽ സ്ഥിതനാവുക എന്നതും ഒന്നുതന്നെ ഇപ്രകാരം പ്രാണനോടും അപാനനോടും ഒപ്പം അതായത് ശ്വാസോച്ഛ്വാസങ്ങളോട് ചേർന്ന് വൈഖരി മധ്യമ പശ്യന്തി പര എന്നീ ഘട്ടങ്ങൾ കടന്ന് ബ്രഹ്മമെന്ന അന്നം പരിപക്കുമായി തീരുന്നു ഹൃദി സന്നിവിഷ്ടോ സ്മൃതിർമപോനഞ്ചേദരഹമേവേദ്യോദാന് എല്ലാ ജീവികളുടെയും ഉള്ളിൽ അന്തരയാമിയായി തീർന്ന് ഞാൻ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ നേരത്തെ വിസ്മൃതിയിലാണ്ടുപോയ പരമാത്മാവ് സ്മൃതിപഥത്തിലെത്തുന്നത് എന്നിലൂടെയാണ് സ്മൃതിയോടൊപ്പം ജ്ഞാനവും പ്രതിബന്ധങ്ങളുടെ ശമനവും എന്നിൽ നിന്നാണുണ്ടാകുന്നത് എല്ലാ വേദങ്ങളാലും അറിയപ്പെടേണ്ടവൻ ഞാൻ തന്നെ വേദാന്തത്തിൻ്റെ വേദങ്ങളുടെ അന്തിമസ്ഥിതിയുടെ കർത്താവും വേദങ്ങളുടെ ജ്ഞാതാവും ഞാനാണ് ജ്ഞാനവും ജ്ഞാതാവും ഒന്നായാൽ പിന്നെ ആര് ആരെ അറിയാൻ ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഊർധ്വമൂലവും അതശാഖവുമായ സംസാരവൃക്ഷത്തെ അറിയുന്നവനാണ് വേദവിത്ത് എന്ന് ഭഗവാൻ പറയുകയുണ്ടായി യോഗികളുടെയെല്ലാം പരമയോഗിയായ ശ്രീകൃഷ്ണൻ തന്നെ ഏറ്റവും വലിയ വേദവിത്ത് ശ്രീകൃഷ്ണൻ പറയുന്നു ഈ സംസാരലോകത്തിൽ രണ്ട് പ്രകാരത്തിൽ സ്വരൂപമുള്ള പുരുഷന്മാരുണ്ട് ദ്വാമോ പുരുഷോ ലോകേ ക്ഷരശ്ചാക്ഷരവ ക്ഷര സർവാണി ഭൂത ക്ഷരൻ ക്ഷയിക്കുന്നവൻ അഥവാ മാറ്റത്തിന് വിധേയനെന്നും അക്ഷരൻ ക്ഷയിക്കാത്തവൻ അഥവാ മാറ്റത്തിന് വിധേയനാവാത്തവനെന്നും രണ്ടു വിധത്തിലുള്ള പുരുഷന്മാരുണ്ട് ലോകത്തിൽ സകല ജീവികളുടെയും ശരീരങ്ങൾ നശിക്കും ആ നശ്വര ശരീരമുള്ളവനാണ് ക്ഷരൻ എന്നാൽ കുടസ്ഥനായ പുരുഷൻ അക്ഷരൻ അഥവാ അവിനാശി എന്ന് പറയപ്പെടുന്നു സാധനകളിലൂടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിരോധിച്ച അവസ്ഥയാണ് കുടസ്ഥം ആ അവസ്ഥയിലെത്തിയ പുരുഷനാണ് അക്ഷരൻ ഇത് രണ്ടും പുരുഷന്മാരുടെ അവസ്ഥാഭേദങ്ങളാണ് ഇവയ്ക്കപ്പുറത്തുള്ള മറ്റൊരു പുരുഷനുമുണ്ട് ഉത്തമ പുരുഷസ്വന്യ പരമാത്മേത്യുദാരിയമാവിശ വിഭർവ്യയ ഈശ്വര മേൽപരാമർശിച്ച രണ്ട് പുരുഷന്മാരുടെയും അപ്പുറത്ത് അത്യുത്തനായ മറ്റൊരു പുരുഷനുണ്ട് മൂന്ന് ലോകങ്ങളിലും നിറഞ്ഞു നിന്ന് ആ പുരുഷൻ എല്ലാവരെയും പാലിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്നു പരമാത്മാവ് അവ്യക്തൻ അവിനാശി പുരുഷോത്തമൻ എന്നിവ ആ പുരുഷൻ്റെ പര്യായങ്ങളാണെങ്കിലും വാസ്തവത്തിൽ അനിർവചനീയസ്വരൂപനാണ് അദ്ദേഹം യസ്മാരമീഹം അക്ഷരാദപിചോത്ത ലോകേ വേദി പുരുഷോത്ത ഞാൻ മുൻചൊന്ന വിനാശിയും പരിവർത്തനശീലനുമായ ക്ഷയപുരുഷനും പുറത്താണ് അവിനാശിയും കുടസ്ഥനുമായ അക്ഷര പുരുഷനേക്കാൾ ഉത്തമനുമാണ് അതിനാൽ ലോകത്തിലും വേദത്തിലും പുരുഷോത്തമൻ എന്ന പേരിൽ ഞാൻ പ്രസിദ്ധനായി തീർന്നിരിക്കുന്നു പുരുഷോത്ത ഹേ ഭാരത മുൻചെന്ന രീതിയിൽ പുരുഷോത്തമനായ എന്നെ ശരിയായി മനസ്സിലാക്കുന്ന ജ്ഞാനിയായ പുരുഷൻ സർവജ്ഞനായി എല്ലാ പ്രകാരത്തിലും എന്നെ തന്നെ ഭജിച്ചുകൊണ്ടിരിക്കും ആ പുരുഷൻ എന്നിൽ നിന്ന് അന്യനല്ലമം ശാസ്ത്രം ഇദമുക്തം മയാനഘ ബുദ്ധിമാൻ സൃതകൃത്യശ്ചാരത് ഹേ പുണ്യവാനായ അർജുന ഇപ്രകാരം അത്യന്തം രഹസ്യമായ ഈ ശാസ്ത്രം നിന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇതിന്റെ തത്വം ശരിക്കറിയുന്നയാൾ പൂർണ്ണജ്ഞാതാവും കൃതകൃത്യനുമായി തീരുന്നു അങ്ങനെ യോഗേശ്വരനായ ശ്രീകൃഷ്ണന്റെ വാക്കുകൾ ഒരു പൂർണ്ണ ശാസ്ത്രത്തിന്റെ പദവി ആർജിച്ചിരിക്കുന്നു ശ്രീകൃഷ്ണൻ ഭക്തന്മാർക്ക് വേണ്ടിയാണ് ഗുപ്തമായ ഈ ശാസ്ത്രം അവതരിപ്പിച്ചത് എങ്കിലും ഇത് പുസ്തകത്തിലായപ്പോൾ അധികാരികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇത് സ്വീകാര്യമായി തീർന്നു ശ്രീകൃഷ്ണന്റെ ഈ സ്വരൂപം എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല ചിലർ അദ്ദേഹത്തെ രാജാവായി കരുതി മറ്റു ചിലർ ദൂതനായിട്ട് വേറെ ചിലർ യാദവനായിട്ട് അർജുനൻ ആത്മജ്ഞാനത്തിന് ശരിയായ അധികാരിയാകയാൽ ശ്രീകൃഷ്ണൻ ഒന്നും മറച്ചുവെച്ചില്ല ഭാവി നന്മയ്ക്കുതകുന്ന എല്ലാം ഉപദേശിച്ചുകൊടുത്തു ഈ പ്രത്യേകത എല്ലാ മഹാപുരുഷന്മാർക്കും ഉള്ളതാണ് ഒരിക്കൽ ശ്രീരാമകൃഷ്ണ പരമഹംസൻ വളരെ പ്രസന്നനായിരിക്കുന്നത് കണ്ട് ശിഷ്യന്മാർ കാരണമന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ന് ഞാൻ പരമഹംസനായി തീർന്നിരിക്കുന്നു നോക്കൂ നിങ്ങൾ സംശയിക്കേണ്ട ത്രേതായുഗത്തിലെ രാമൻ തന്നെയാണ് ഞാൻ ദ്വാപരയുഗത്തിലെ കൃഷ്ണനും എന്നിൽ നിന്ന് വിഭിന്നനല്ല അവരുടെ പവിത്രമായ ആത്മാവ് തന്നെയാണ് എന്നിലുള്ളത് ആ സ്വരൂപം തന്നെയാണിത് ഈ അവസ്ഥ നേടണമെങ്കിൽ ഇങ്ങോട്ട് വരിക ഇതുപോലെ തന്നെ പൂജ്യപരമാനന്ദഗുരു പറയുമായിരുന്നു നാം ഭഗവാന്റെ ദൂതനാണ് സാധകന്മാർക്ക് നമ്മിലൂടെ ഈശ്വര സന്ദേശം ലഭിക്കും യേശുദേവൻ പറഞ്ഞിരുന്നു ഞാൻ യഹോവയുടെ പുത്രനാണ് എന്റെ അടുത്തുവരു മുഹമ്മദ് സാഹബും അല്ലാഹുവിൻ്റെ സന്ദേശവാഹനെന്ന് അവകാശപ്പെട്ടിരുന്നു പൂജ്യ പരമാനന്ദഗുരു ഒരു തത്വചിന്തയെയും പ്രശംസിക്കയോ ദുഷിക്കുകയോ ചെയ്തിരുന്നില്ല വിദഗ്ധരായി സമീപിക്കുന്നവരോട് ആ പരമതത്വത്തെ അറിയണമെങ്കിൽ ഇങ്ങോട്ട് നോക്കൂ എന്റെ നിർദ്ദേശം സ്വീകരിക്കൂ സംശയിക്കേണ്ട എന്നദ്ദേഹം പറയുമായിരുന്നു സംശയാത്മാക്കൾക്ക് അനുഭവം കാട്ടിക്കൊടുക്കാനും അദ്ദേഹം തുനിഞ്ഞിരുന്നു അവരിൽ പലരും ഇന്ന് മഹാപുരുഷന്മാരായി തീർന്നിട്ടുണ്ട് ശ്രീകൃഷ്ണനും വിഭിന്ന പൂജാ പദ്ധതികളിൽപ്പെട്ട് നട്ടം തിരിഞ്ഞവരെ ശരിയായ യോഗ സാധനകളിലേക്ക് നയിക്കുകയാണ് ചെയ്തത് അധ്യായം രണ്ട് നാൽപ്പത് മുതൽ നാൽപ്പത്തിമൂന്ന് വരെ അതിലൊരാൾ മാത്രമാണ് അർജുനൻ നിഷ്കർഷം ഈ അധ്യായത്തിൽ മുകളിൽ പരമാത്മാവായ വേരും താഴെ പ്രപഞ്ചമാകുന്ന ശാഖകളുമുള്ള ഒരു അരയാൽ മരമായിട്ടാണ് ഭഗവാൻ ജീവിതത്തെ ചിത്രീകരിച്ചത് ഒരിക്കൽ മഹാവിഷ്ണുവിന്റെ നാഭീകമലത്തിലിരുന്ന ബ്രഹ്മാവിന് താൻ എവിടെ നിന്നാണുണ്ടായത് എന്ന സംശയമുണ്ടായി സംശയം പരിഹരിക്കാൻ കമലനാളത്തിലൂടെ താഴോട്ടിറങ്ങി താഴോട്ട് അനന്തമായ യാത്ര തുടർന്നു എന്നാൽ എങ്ങും എത്തിയില്ല അതിനാൽ മുകളിലേക്ക് തന്നെ മടങ്ങി മനസ്സിനെ നിയന്ത്രിച്ച് ധ്യാനത്തിൽ മുഴുകി ഒടുവിൽ പരമതത്വത്തെ സാക്ഷാത്കരിച്ചു ഞാൻ എങ്ങും നിറഞ്ഞു നിൽക്കുന്നു എന്നാൽ എന്നെ തേടേണ്ടത് ഹൃദയത്തിലാണ് മറ്റെങ്ങുമല്ല എന്ന പരമാത്മ സന്ദേശമാണ് ബ്രഹ്മാവിനെ സാക്ഷാത്കാരത്തിലേക്ക് നയിച്ചത് ബ്രഹ്മാവ് ഒരു പ്രതീകമാണ് യോഗസാധനകളുടെ പരിപക്വാസ്ഥയിൽ അനാവൃതമാകുന്ന ഒരു സ്ഥാനമാണത് ഈശ്വരോന്മുഖമായ ബ്രഹ്മവിദ്യയോട് ചേർന്ന ബുദ്ധിയെയാണ് ബ്രഹ്മാവെന്ന് കരുതുന്നത് വെള്ളത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന താമര നിർലേപവും നിർമ്മലവുമാണ് അതുപോലെ ുദ്ധി പരിശുദ്ധിയുടെ കമലാസനത്തിൽ ഇരുന്ന് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുമ്പോൾ പരമാത്മപ്രാപ്തിയുണ്ടാകുന്നു യോഗേശ്വരൻ ശ്രീകൃഷ്ണന്റെ അഭിപ്രായത്തിൽ സംസാരമാകുന്ന വൃക്ഷത്തിന്റെ വേരുകളും ശാഖകളും എങ്ങും എവിടെയും വ്യാപിച്ചു കിടക്കുകയാണ് കർമാനുബന്ധനി മനുഷ്യലോകെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള സംസാരബന്ധനം മനുഷ്യജന്മം കിട്ടിയവർക്ക് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ പക്ഷിമൃഗാദി അധമയോനികളിൽ ജനിച്ചവർക്കില്ല അതുകൾക്ക് കർമ്മവുമില്ല കർമ്മഫലവുമില്ല വെറും ഭോഗാനുഭവം മാത്രം അതിനാൽ ദൃഢവൈരാഗ്യരൂപി വാളുകൊണ്ട് സംസാരൂപി വൃക്ഷത്തെ വെട്ടിമുറിച്ചിട്ട് പരമപദം പ്രാപിച്ച് പുനർജന്മങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ശ്രീകൃഷ്ണൻ ആഹ്വാനം ചെയ്യുന്നു അഭിമാനങ്ങളും മോഹങ്ങളുമില്ലാതെ സംഘദോഷമില്ലാതെ കാമനകളിൽ നിന്ന് നിവൃത്തനായി ദ്വന്ദ്ഭാവത്തിൽ നിന്ന് മുക്തനാകുന്ന പുരുഷൻ പരമപദം പ്രാപിക്കുന്നു പ്രകാശസ്വരൂപനായ ആ പരമപദത്തെ പ്രകാശിപ്പിക്കാൻ സൂര്യനോ ചന്ദ്രനോ അഗ്നിയോ ആവശ്യമില്ല സ്വയം പ്രകാശിതമായ ആ പരമപദം നേടാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്തെന്നാൽ ജീവാത്മാക്കളെല്ലാം എന്റെ ശുദ്ധ അംശങ്ങൾ തന്നെയാണല്ലോ ശരീരമുപേക്ഷിക്കുമ്പോൾ ജീവാത്മാവ് പഴയ ശരീരത്തിലെ ഇന്ദ്രിയ മനസ്സുകളോടൊപ്പമാണ് പുതിയ ശരീരത്തിലേക്ക് കടക്കുന്നത് ഇന്ദ്രിയ മനസ്സുകളിലെ സംസ്കാരം സാത്വികമാണെങ്കിൽ ഉത്തമയോനികളിലും രാജസമാണെങ്കിൽ മധ്യമയോനികളിലും താമസമാണെങ്കിൽ അധമയോനികളിലും പിറക്കാനിടയാകുന്നു എന്നിട്ട് ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാതാവായ മനസ്സിന്റെ മാധ്യമത്തിൽ വിഷയങ്ങളെ അനുഭവിക്കും ജീവാത്മാവിനെ കാണാനുള്ള ദൃഷ്ടിയാണ് ജ്ഞാനം എന്തെങ്കിലും ഓർമ്മിക്കുന്നതല്ല ജ്ഞാനം യോഗികൾ ചിത്തത്തെ വിഷയങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ച് സാധനകൾ അനുഷ്ഠിച്ച് യഥാർത്ഥ നേടുന്നു ജ്ഞാനം സാധനാജന്യമാണ് പുസ്തക പാരായണം കൊണ്ട് കിട്ടുന്നതല്ല അധ്യയനം ജ്ഞാനത്തിലേക്കുള്ള യാത്ര ത്വരിതപ്പെടുത്താൻ നല്ലതാണെന്ന് മാത്രം സംശയാത്മാക്കൾക്ക് പ്രയത്നം ചെയ്താലും ആത്മാവ് ദൃശ്യനല്ല ആത്മസാക്ഷാത്കാരം വിഭൂതികളുടെ ഉറവിടമാണെന്നും യോഗേശ്വരൻ പറയുന്നുണ്ട് സൂര്യനും ചന്ദ്രനും അഗ്നിയുമൊന്നും ആത്മാവിനെ പ്രകാശിപ്പിക്കേണ്ട കാര്യമില്ല ആത്മാവ് പ്രകാശസ്വരൂപമാണ് ഞാൻ അഗ്നിയുടെ രൂപമെടുത്ത് നാല് വിധികളാൽ അന്നത്തെ വേവിക്കുന്നുവെന്ന് യോഗേശ്വരൻ പറയുന്നുണ്ട് അന്നം ബ്രഹ്മേദി വ്യജാനാഥ് തൈത്തരിയ ഉപനിഷത്ത് രണ്ടിൽ ഒന്ന് ്രഹ്മം തന്നെ ശരിയായ അന്നം അത് ലഭിക്കുമ്പോൾ ആത്മാവ് തൃപ്തിയടയുന്നു വൈഖരി മധ്യമ പശ്യന്തി പര എന്നീ നാലുതരം അഗ്നിയിൽ ഈ അന്നം തയ്യാറാകുന്നു ആ അഗ്നിയും ഞാനാകുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ബ്രഹ്മപ്രാപ്തി സദ്ഗുരുവിലൂടെയാണ് ഉണ്ടാവുക എന്ന് ശ്രീകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുകയാണ് എല്ലാ പ്രാണികളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്ത് വിസ്തൃതമായ പരമാത്മസ്വരൂപത്തെ ഓർമ്മിപ്പിക്കുന്നത് താൻ തന്നെയെന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു ജ്ഞാതവും ജ്ഞേയവും ആത്മാവ് തന്നെ ഇക്കാര്യം അറിയുന്നയാൾ വേദവിത്താകുന്നു വേദവിത്തായ ശ്രീകൃഷ്ണനെ പ്രാപിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട് ഒടുവിൽ ശ്രീകൃഷ്ണൻ പറയുന്നു ക്ഷരൻ അക്ഷരൻ ഈ രണ്ടിന്റെയും അപ്പുറത്തുള്ള പരമാത്മാവ് എന്നിങ്ങനെ മൂന്ന് പുരുഷന്മാരുണ്ടെന്ന് മൂന്നാമത്തെ പുരുഷനെ പരമാത്മാവ് പരമേശ്വരൻ അവ്യക്തൻ അവിനാശി എന്നിങ്ങനെ പല പേരുകളിൽ ഭക്തന്മാർ വിളിക്കാറുണ്ട് ഈ പുരുഷോത്തമനെ അറിയുന്നയാളാണ് യഥാർത്ഥ ജ്ഞാനി എല്ലാ രഹസ്യങ്ങളും അർജുനന് കൈമാറിയതായി ഒടുവിൽ ശ്രീകൃഷ്ണൻ പറയുന്നു ഈ അധ്യായത്തിൽ ആത്മാവിൻ്റെ മൂന്നവസ്ഥകളെ ചിത്രീകരിച്ചിരിക്കുന്നു ഇത്ര വിശദമായി മുൻപുള്ള ഒരാധ്യായത്തിലും ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ഓം തത്സതി ശ്രീമദ്ഭഗവത്ഗീതാത്സുപനിഷത്സു ബ്രഹ്മവിദ്യം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാ പുരുഷോത്തമ യോഗോ നാമ ഓം ബ്രഹ്മം സത്യം ഇങ്ങനെ ഉപനിഷത്സാരസർവസ്വവും ്രഹ്മവിദ്യമയവും യോഗശാസ്ത്രവിഷയകവും ശ്രീകൃഷ്ണാർജുന സംവാദരൂപവുമായ ഭഗവത്ഗീതയിൽ പുരുഷോത്തമ യോഗം എന്ന പതിനഞ്ചാം അധ്യായം തീർന്നു ഇതി ശ്രീമത് പരമഹംസ പരമാനന്ദ ശിഷ്യ സ്വാമി അടഗടാനന്ദ്രീമദ്ഭഗവത്ഗീതയാഥാർത്ഥ ഗീതാഭാഷെ പുരുഷോത്തമ യോഗോ നാമ പഞ്ചദശോധ്യായ ശ്രീമത് പരമഹംസ പരമാനന്ദജി മഹാരാജിന്റെ ശിഷ്യനായ സ്വാമി അടഗടാനന്ദജി രചിച്ച യഥാർത്ഥ ഗീത എന്ന ശ്രീമദ്ഭഗവത്ഗീതാ ഭാഷ്യത്തിൽ പുരുഷോത്തമ യോഗം എന്ന പതിനഞ്ചാം അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഹരി തത്സത്